നിനക്ക് മുമ്പ് നാം അയച്ച ദൂതന്മാരൊന്നും ഭക്ഷണം കഴിക്കാത്തവരോ ചന്തകളിൽ നടക്കാത്തവരോ ആയിരുന്നില്ല നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് പരീക്ഷണമായി നാം ആക്കി നിങ്ങൾ ക്ഷമിക്കുമോ നിന്റെ രക്ഷിതാവെല്ലാം കാണുന്നവനാകുന്നു